പറയുക ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവ് ആരാണ് പറയുക അള്ളാഹുസുബഹാനഹൂവറ്റായ ആണ് പറയുക എങ്കിൽ തങ്ങൾക്ക് ഗുണമോ ദോഷമോ വരുത്താൻ കഴിയാത്ത രക്ഷാകർത്താക്കളെ നിങ്ങൾ അവന് പകരം സ്വീകരിച്ചിട്ടുണ്ടോ പറയുക അന്ധനും കാഴ്ചയുള്ളവനും ഒരുപോലെയാണോ ഇരുട്ടും വെളിച്ചവും ഒരുപോലെയാണോ അതോ അവർ അല്ലാഹുസുബഹാനഹൂവറ്റായാലായായെപ്പോലെ സൃഷ്ടിക്കാൻ കഴിയുന്ന പങ്കാളികളെ അവനുണ്ടാക്കിക്കൊടുത്തുവോ അങ്ങനെ സൃഷ്ടികൾ അവർക്ക് ഒരുപോലെ തോന്നിയോ പറയുക എല്ലാ വസ്തുക്കളുടെയും സ്രഷ്ടാവ് അമാഹുസുഭാനഹൂവറ്റ ആല ആണ് അവൻ ഏകനും സർവ്വശക്തനുമാണ്